പറയുക അള്ളാഹു സുബാനുഹുവചായയുടെ ഖജനാവുകൾ എന്റെ അടുക്കലാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എനിക്ക് അദൃശ്യകാര്യങ്ങൾ അറിയുകയുമില്ല ഞാനൊരു മലക്കിനാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എനിക്ക് നൽകപ്പെടുന്ന വെളിപാടുകളെ ഞാൻ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത് പറയുക അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ